അങ്ങനെ ഒരു പാഠവും ചില സ്ഥലങ്ങൾ അതനുസരിച്ച് ഒട്ട് പോയി അതും ചിലപ്പോൾ നല്ലതാണ് അതിലും ഭക്ഷണം ചാർജ് ഏറ്റവും സൂചിതം ഹൃഷ്ടഭിപ്രായം ചാവന എന്നൊക്കെ ചേർത്തത് എല്ലാർത്ഥം മനസ്സിലാക്കാം ദർശനം സുയോധനം ഇത്യാദിയും ഇവിടെ രാമാനുജൻ്റെ എങ്ങനെ ദുര്യോധനം ജയിക്കുമോ എന്നീഡിയുള്ള ഒരാഗ്രഹം അത് ഉണ്ടെന്ന് അവിടെ തള്ളുന്നില്ല നിങ്ങൾ മനസിലാക്കണം കാരണം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് മീഡിയ പിന്നെ ഇടയിൽ തന്നെ വരുന്നതെല്ലാം എന്താണ് ഭഗവാനുമായ പതിനെട്ടാമത്തെ അധ്യായത്തിൽ എഴുപത്തിയെട്ടാമത്തെ പദ്ധതിക്ക് വരുമ്പോൾ സഞ്ജയം പറയുന്നു എത്ര യോഗ കൃഷ്ണ കൃഷ്ണവും എത്ര പാർപ്പവും ധനരുദ്ധര ശരി എന്താണ് പറഞ്ഞു മകർമാരുക്കം ഇതാണോ എവിടെയാണോ കൃഷ്ണൻ എന്നുള്ളത് അവിടെ ഈ ദയം എന്ന് പറഞ്ഞത് സന്ധ്യാവസാനം പറഞ്ഞു എവിടെയാണോ കൃഷ്ണന്ന് അവിടെ ദയം എന്ന് പറഞ്ഞു അങ്ങനെ പറയണത് ഇവിടെ ചോദിച്ചിരിക്കുന്നു ചോദിക്കാതെ പറയുന്നു ഈ പതിനൊട്ട് അധ്യായം കഴിഞ്ഞിട്ട് എവിടെ ജയം എന്നുള്ളതിന്റെ മറുപടിയാണ് അവർ പറഞ്ഞത് എന്നാണ് അതുകൊണ്ടാണ് വിജയ മോത്സയാ എന്ന് പറയുന്നത് സന്ധ്യനോട് ആരും ചോദിച്ചില്ല സന്ധ്യയിൽ എന്ന് പറയുന്നു എവിടെയാണ് കൃഷ്ണൻ അവിടെ ജയം അത് ഒരു തൊട്ടവെന്ന് പറയുന്നു ഈ ബിഷുറോ ചില മുമ്പോന്ന പറയുന്നു യഥോ ധർമ്മ തതത്രിഹ എവിടെയാണോ ധർമ്മം അവിടെ കൃഷ്ണ കൃഷ്ണൻ യഥത് കൃഷ്ണ എവിടെയാണോ കൃഷ്ണൻ തതോ ജയ അവിടെ ജയം ധർമ്മമാണ് കൃഷ്ണനും കൃഷ്ണനോട് വിജയവും പറയുന്നത് പക്ഷേ ഈ പദ്ധ്യത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഒഴിഞ്ഞിരിക്കൊണ്ടും അതുകൊണ്ട് എന്നിട്ട് അധ്യായത്തിൻ്റെ ഭർത്താ അത് മറുപടി പറഞ്ഞു എന്നാണ് ഈ പറയുന്ന വ്യാഖ്യാനത്തിന്റെ കാര്യം അപ്പോ ഇവിടെ ഈ വ്യാഖ്യാനത്തിൽ രണ്ട് കാര്യം പറയുന്ന ഒന്നാണ് ഒന്ന് ഞാനിപ്പോ പറയുന്നു മറ്റൊന്നെന്താണ് അത്ര മാമകായി പ്രഥമോ മാമക മണ്ഡവാസൈവെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ മാമക എന്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് ഈ മമകാരങ്ങൾ എന്റെ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ എത്ര യോഗേശ്വര രീതിയാകി പ്രതിവചനം തർക്ക സൂചിതം അതൊരു കാര്യം എത്ര യോഗേശ്വര എന്ന് പറയുന്ന പതിനെട്ടാം അധ്യായത്തിൽ എഴുപത്തെട്ടാം അധ്യായത്തിൽ പറഞ്ഞ മറുപടിയിൽ പറഞ്ഞ കാര്യവും പിന്നെ പ്രഷ്ഠരുടെ അഭിപ്രായം വെച്ച ചോദ്യകർത്താവിന്റെ അഭിപ്രായം എന്നുവെച്ചാൽ ധുരിരാഷ്ട്ര അഭിപ്രായം എന്നുവെച്ചാൽ ഇവിടെ രണ്ടാം ഒന്ന് പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞ അഭിപ്രായം അത് സഞ്ജയന്റെ അഭിപ്രായം പിന്നെ ഇവിടുത്തെ മാമകാർ എന്ന് പറയുന്നത് കൊണ്ട് തന്റെ ആക്കാര് ഇത് രണ്ടും ദർശയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുയോധനം ഭാഷകാരൻ സുയോധന വിജയ അപ്പോ ഇവിടെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് മാമകാർ എന്ന് പറഞ്ഞാൽ എന്റെ താത്പര്യം എന്റെ ആൾക്കാർ ജയിക്കുന്നു എന്നാണ് അങ്ങനെ മനസ്സിലാക്കി പതിനോട്ടവ്യായിട്ട് പറഞ്ഞ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവിടെ വിജയ ബോസ്സയെന്നും അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു നേരിട്ട് ചോദിക്കുന്നില്ല പക്ഷേ വന്നല്ലോ അപ്പൊ അതിനൊരു സമാധാനം എന്ന് കൊണ്ടാണ് സഞ്ജയൻ പൊക്കച്ച അവിടെ പറയുന്നു സഞ്ജയ വ്യാസക്തസാദന സകല ഭാരത സമല വൃത്താന്ത സാക്ഷാത്കാരം ശുദ്ധഭാവം യഥോ ശാസ്ത്ര വേദി ദിനാർദ്ദ സഞ്ജയനെ കുറിച്ച് പറയാം വ്യാസവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തിന്റെ സകല വിവരങ്ങളും സക്ഷാകരിക്കുന്നവനാണ് അദ്ദേഹം സഞ്ജയൻ പിന്നെ സഞ്ജയൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാണ് അതുകൂടെ പറയുന്നു ഞാൻ ജനാർദ്ദനൻ നിജകൃഷ്ണനെ സാക്ഷാത് അറിയുന്നവനാണെന്നും നിജകൃഷ്ണന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയുന്നവനാണെന്നും നിജവിഷ്ണുവിൻ്റെ അവതാരമായി അറിയുന്നവനാണെന്നും പറയുന്നു ഇത് പറയുന്നത് പാണ്ഡവന്മാരുടെ അടുത്ത് സഞ്ജയന ദ്രൂതനായിട്ട് പോയിട്ട് തിരിച്ചു വന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നു ധൃതരാഷ്ട്രോട് പറയുന്നതാണ് ഈ കാര്യം വെറുതെ ഒരു യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല കൃഷ്ണനെന്ന് പറയുന്നത് നാരായണന്റെ അവതാരമാണ് ഇക്കാര്യം ഒന്നുകൂടെ പറയും വ്യാസപ്രസാദന വ്യാസത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് കിട്ടുന്ന ഈ ശേഷി സകല ഭാരത സമരവൃത്താന്ത സാക്ഷാത് സകല ഭാരതസമരം ചെയ്യാം അതിന്റെ വൃത്താന്ത വാർത്തകളെല്ലാം നേരിട്ടറിയുന്നവൻ കൂടാതെ ശുദ്ധഭാവം ഗതോ ഭക്ത ശുദ്ധഭാവം കഥ സ്വയം തന്നെ പറയാണ് ശുദ്ധഭാവത്തെ പ്രാപിച്ചവനായ ഞാനും ഭക്തി ശാസ്ത്ര ഭക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും നടത്തും രണ്ടും കൊണ്ടും ജനാർദ്ദനം ജനാർദ്ദന അറിയുന്നവനാണ് ധൃതരാഷ്ട്രം പറയുന്നുണ്ട് ധൃതരാഷ്ട്രത്തിനും മനസ്സിലാവുന്നു ധൃതരാഷ്ട്രം അറിയിക്കുന്നു ഇത്യാദി വാങ്ങുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആ സജ്ജയനോട് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രം അവിടെ എന്താ സംഭവിച്ചത് ശേഷം സമരം വൃത്താന്തം എന്നാണ് ഭാഷ്യത്തിന്റെ ആശ് സമരത്തിൽ നടന്ന സംഭവങ്ങൾ യുദ്ധത്തിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അത് ചോദിച്ചു എന്നുള്ള അതാണ് ചോദിക്കുന്നത് അത് ചോദിക്കുക മാത്രമല്ല ആദ്യം മോനെ പറയാൻ പറ്റും പത്ത് വിഷയങ്ങളും പറയുന്നു ആദ്യം പറയുന്ന ഇവിടെ നിന്നല്ല പറഞ്ഞു ആദ്യം പോലെ പറയുമ്പോൾ സല്യ പല കാര്യങ്ങളും പറയുന്നത് ഇവിടെ അർജുന വിഷാദത്തിൽ നിന്നാണ് തുളങ്ങുന്നത് പക്ഷെ ശരിക്കും മുമ്പ് വന്ന വിഷാദം ധർമ്മപുത്രരുടെ വിഷാദം ധർമ്മപുത്രക്കെതിരണ്ടെങ്കിൽ ഒരു വിഷാദം ധർമ്മപുത്ര വിഷാദം വരുന്നത് ഇത്രയും വലിയ പതിനൊന്ന് അക്ഷം കോടി സൈന്യത്തെ മുമ്പിക്കണ്ട് ഭീഷ്മരിയും ദ്രോണനും ഒക്കെ മുമ്പിക്കണ്ട് കഴിഞ്ഞപ്പോയി വിഷാദം വന്നിട്ട് പറഞ്ഞു ഞാൻ പിന്മാറുകയാണ് വെറുതെ യുദ്ധം നടത്തി ഇവരെല്ലാം മരിക്കുകയും എന്ന് പറയുമ്പോ ആ കർമ്മപുറ്റില്ലാതെ മാറ്റുന്നതായാണ് അർജുന അവിടെ അർജുനന് യാതൊരു ഭയവും ഇല്ല ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഒന്നുമില്ലാതെ തൊട്ട് ധർമ്മപുത്രങ്ങനെയെന്ന് ഈ ധർമ്മപുത്രമസംഘടത്തിപ്പെടുന്നവരാണ് ആദ്യം പോലെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ധർമ്മസങ്കടത്തി രംഗത്ത് നിന്ന് തുടക്കത്തിൽ തന്നെ തുടങ്ങിയപ്പോ അർജുനൻ അതുമായി എന്നാ പിന്നെ നമുക്ക് അത് പറയുകയും ചെയ്യും പിന്നെയാണ് മുമ്പോട്ട് അപ്പൊ അങ്ങനെ ധർമ്മപുദ്ധരുടെ ഭാരക്കെ യുദ്ധം ചെയ്യുന്നു അർജുനൻ പറയും ധർമ്മപുത്രം അറിയാം ധർമ്മപുദ്ധരവരെയൊക്കെ കണ്ടിട്ട് ദുഃഖിതനാകുന്നു അർജുനൻ മാറ്റുന്നു ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു അർജുനത്തിന്റെ ദുഃഖിതനാകുന്നു രണ്ടാമത് ഇതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത് ചില ഗവേഷകായും ഈ ഗീത മഹാഭാരതത്തെ കൂടി ചേർക്കണം അതിനൊരു കാരണം പറയുന്നത് കാരണം ധർമ്മപുത്ര വന്ന ഉഷാഖൊക്കെ അർജന്റീന മാറ്റി അപ്പൊ അർജന്റീന അങ്ങനെ വിഷാദം അപ്പൊ ഗീതയെ ചേർക്കാൻ വേണ്ടിട്ട് കൂട്ടിച്ചേർക്കാന്ന് വെച്ചാൽ ആ പറയുന്നതിന്റെ താത്തിന് മഹാഭാരതം ഒറ്റയടിക്ക് എഴുതി തീർത്തല്ല പല പല കാലങ്ങളിലായി പലരും എഴുതി ചേർത്തു അപ്പോ കുറച്ചു നേരം ഗീത എഴുതി ചേർത്ത് അതിന് പ്രമാണമായിട്ട് അണിഗീത എഴുതി ചേർത്തു അങ്ങനെയൊക്കെയുള്ള നിവേശക അഭിപ്രായമുണ്ട് ശരിയോ തെറ്റൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിനുണ്ടെന്ന് പറയുന്നു യഥാർത്ഥദർശിത്വം യഥാരിഷ്ഠാർത്ഥവാദിത്വാഭ്യാമം ആപ്തമയ ആപ്തമത നിർണീതം സഞ്ജയനെക്കുറിച്ച് പറയാം രണ്ട് കാര്യങ്ങൾ ഒന്നെന്താണ് യഥാർത്ഥദർശിത്വം അത് ശരിയാണ് ഈ ഇതിനകത്ത് ഈ മഹാഭാരത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ രീതിയാണ് സഞ്ജയന്റെ ഒരു പ്രത്യേകത നമ്മള് വായിക്കുമെന്ന് മനസ്സിലാകുന്നത് സഞ്ജയ നിഷ്പക്ഷനായ കാര്യങ്ങൾ പറയുന്നു യഥാർത്ഥം എന്താണോ വാസ്തവം അത് കാണുന്നവനാണ് അപ്പൊ പ്രത്യേകിച്ച് ഒരു പക്ഷപാതം ഇത് പാണ്ഡവരുമായിടുത്ത് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെ പറയുന്നു തിരിച്ച് ദുരിതരാഷ്ട്ര അടുത്ത് വരുമ്പോഴും എന്താണോ ശരി അത് തന്നെ പറയുന്നു അങ്ങനെ നിഷ്പക്ഷനാണ് യഥാർത്ഥത്തെ രസമാണ് യഥാർത്ഥത്തെ കാണുന്നവനോ പിന്നെ യഥാകൃഷ്ട അർത്ഥപാരി എന്താണോ കണ്ടത് അത് പറയുന്നത് ഇത് രണ്ടും ഉണ്ട് അതാണ് നിഷ്പക്ഷം പറയുന്നത് അപ്പൊ സാധാരണ ആൾക്കാർ ചിലപ്പോൾ യഥാർത്ഥം കണ്ടിരിക്കും പക്ഷെ കണ്ടാ പറയുന്നുണ്ടെലർ പറയുന്ന ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷെ അവർ കണ്ടിരിക്കില്ല ഇത് രണ്ടും അങ്ങനല്ല യഥാർത്ഥത്തെ കാണുന്നു കണ്ടതിനെ തന്നെ പറയും അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തെ ഈ രീതിയിൽ സഞ്ചരിലൂടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ നല്ല സംഭവങ്ങളല്ല മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതും കാണാൻ പറ്റും എല്ലാം ഒരു ഗ്രഹിക്കുന്നത് മഹാഭാരത യുദ്ധത്തെ സംബന്ധിച്ച് അപ്ത അപ്തപനാണ് മഹാഭാരത യുദ്ധത്തെ മഹാഭാരത യുദ്ധമല്ല സഞ്ജയന്റെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും എന്താണ് യഥാർത്ഥത്തെ കാണുന്നതെന്ന് യഥാർത്ഥത്തിൽ പറയുന്നതിനുമായിട്ടാണ് മന്ത്രിയാണ് പക്ഷെ സത്യസന്ധനാണ് സഞ്ജയ് അവസരം പോലും പറയുന്നതാണ് പദ്യത്തെ വെക്കാൻ ധർമ്മക്ഷേത്ര ധർമ്മ സ്ഥാനത്തിന്റെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം ധർമ്മത്തിന്റെ സ്ഥാനമാണ് സമരം അധ്വരം സമുച്ചിതേ സമരമാകും അധ്വരം യാഗം ഇത് ദുര്യോധനത്തിന് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഈ യുദ്ധം ഒരു യാഗമാണ് എന്ന് പറയുന്നത് ആ യാഗത്തിലെ ഹോതാക്കളാണ് കർണനും ഭീഷ്മരും ദ്രോണനും എന്നല്ല അവിടുത്തെ ഹവിസ് അർപ്പിക്കുന്നതാണ് ഈ ഒത്തിരി പേരുടെ പ്രാണനാണ് അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് മൊത്തവരും ഈ യുദ്ധത്തിൽ യാഗമായി ക്ഷമീകരിക്കുന്നുണ്ട് അത് രണ്ടു മൂന്ന് സന്ദർഭങ്ങളിലും മഹാഭാരത യുദ്ധം യാഗമാണ് എന്ന് പറയുന്നത് പറയുന്നതിന് കീർത്തി ഉണ്ടെന്നു യുദ്ധത്തിനും നടക്കുന്ന പോലെയാണ് യാഗത്തിലും നടക്കുന്ന എന്താണോ അവിടെ മൃഗങ്ങളെ കൊണ്ടുപോകും ഇവിടെ മനുഷ്യനെ കൊണ്ടു പോകുന്ന വ്യത്യാസം അതുകൊണ്ടാണ് യുദ്ധം യാഗമാണോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ കാര്യമില്ല നിരന്തരമായ തൊഴിലെന്ന് പറയുന്നത് എന്താണ് യുദ്ധമാണ് തൊഴിലുകാരിക്കുന്നത് അത് അവരെ സംബന്ധിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ക്ഷേത്രം പാണ്ഡവർത്തരാഷ്ട്രമാണ് സ്വകൂടസ്ഥ നാമ ഉപലക്ഷിതത്വേന ബഹുമാനം പാണ്ഡവന്മാർക്കും ധാർത്തരാഷ്ട്രന്മാർക്കും എന്താണ് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കുരുക്ഷേത്രം ആ പലതരത്തിൽ കുരുക്ഷേത്രത്തെ പറയുന്നവരുണ്ട് കുരു കൃഷി ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നത് കുരു ഏറ്റം ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നത് ഒരു കുരുവംശി കുരു എന്ന് പറയുന്ന ഒരു രാജവംശത്തിൽ പറഞ്ഞവരാണ് ഈ രണ്ട് കൂട്ടത്തില് പണ്ടു കാലും രാഷ്ട്രമാണ് സാറിന് ഉടപ്രൗരവന്മാരെ ധൃതരാഷ്ട്ര മക്കളെ പറയാറു പാണ്ഡുവിന്റെ മക്കളെ കൗരവനെന്ന് പറയാൻ പറയാറില്ല ശരിക്കും രണ്ടുപേരെയും പറയാൻ പറ്റില്ല കാരണം ഈ മഹാഭാരതത്തിന്റെ വംശ വൃക്ഷം ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് വെച്ചു ആരും ഇവിടത്തെ ആരും ആരും ആരുടെ പോണെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഏത് വംശത്തിലാണ് സന്തനരുന്ന് പറയുന്ന ഒരു ചന്ദനുവിന്റെ ഭാര്യയാണ് ആരും സത്യമെന്ന് പറഞ്ഞു വ്യാസന്റെ അച്ഛന് അമ്മയുടെ ഭർത്താവ് വ്യാസന്റെ അച്ഛന് അമ്മയുടെ ഭർത്താവ് അപ്പോ ആ പരമ്പരയിൽ പിന്നെ വ്യാസന്റെ മക്കളാണ് ആരെയും പാണ്ഡവും ദുരിതരാഷ്ട്രം അപ്പൊ ഇവരെങ്ങനെ കൗരവന്മാരാവും കുരുവംശത്തിൽ പറഞ്ഞയാള് ചന്ദനുമാണ് ചന്ദനു അമ്മയുടെ ഭർത്താവ് ആവുന്നത് ഇനി അതിൽ തന്നെ ദുരതരാഷ്ട്ര മക്കളെയാണ് കൗരവന്മാരും കുരുവംശത്തിൽ പറഞ്ഞത് അത് അനുസരിച്ച് പറയാൻ പറ്റില്ല ഇനി പാണ്ഡുവിന്റെ മക്കളും ഒരിക്കലും പറയത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ദേവന്മാർന്ന മക്കളാണ് പാണ്ഡവന്മാരുന്നത് ദേവന്മാർ മക്കളാണ് അവരങ്ങനെ ഗുരുക്കളാവും പറയാൻ പറ്റത്തില്ല അങ്ങനെ മഹാഭാരതത്തില്ല കുഴഞ്ഞ് മറിഞ്ഞു തിരിഞ്ഞു കിടക്ക അത് മനസ്സിലാക്കാൻ ശ്രമിച്ച പോയി ഒരിടത്ത് ഇതെങ്ങനെയൊക്കെയാ തിരിഞ്ഞ് പറഞ്ഞു കിടക്കണം ഒരു പിടിയെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റും അമ്മയുടെ ഭർത്താവ് അച്ഛന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ മക്കൾക്ക് പറയാൻ പറ്റും അല്ലാതെ അച്ഛനും അമ്മയും രണ്ടുപേരെ ചേർത്ത് പറയാൻ പലടക്കും പറ്റത്തില്ല അത് അതുകൊണ്ടല്ല പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കഥയെന്ന് തോന്നാൻ രസമാണ് വായിക്കാൻ ശീലമുള്ളവർ വായിക്കാൻ കഥകളിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത് കഥാഭംഗിക്ക് ദോഷമൊന്നും ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോഴാണ് ആരും ആരുടെ മോനാണോ അച്ഛനാണോ എന്നൊക്കെ നോക്കുമ്പോൾ കഥയിലെ ചമത്കാരമൊന്നും ആണെങ്കിൽ അതൊക്കെ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് രസകരമാണ് കാരണം ഇത് കഥയില്ല ചരിത്രമല്ല മഹാഭാരതം എന്ന് പറയുന്നത് കഥയാണ് ചരിത്രമല്ല അതില് ഒരുപക്ഷെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം നടന്നിരിക്കും കുരുക്ഷേത്രത്തിലായിരിക്കാം അങ്ങനെ ചില ചരിത്രത്തിന്റെ ബന്ധം അവിടെ കാണും അല്ല പൂർണമായും അതെന്താണ് ഒരു ചരിത്രമുള്ളത് കുറെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കഥയായിട്ട് വളരെ വിപലീ വിപുലീകരിച്ചെഴുതുകയാണ് കുരുക്ഷേത്രമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതുകൊണ്ട് ഇത് ചരിത്രമാണെന്നൊക്കെ പറയുന്ന മണ്ഡലമാണ് കാരണം ഒരു സ്ഥലത്തിന്റെ പേരിൽ ഒരു കഥ എഴുതിയാൽ കഥചരിത്രമാകത്തില്ല കഥകഥയായിരിക്കും സ്ഥലവും സ്ഥലവും ആയിരിക്കും അതുകൊണ്ട് ഈ സ്ഥല നാമങ്ങൾ ഇത്രയുമുണ്ട് അതുകൊണ്ട് ഇതൊരു ചരിത്രമാണെന്നൊക്കെ പറയുന്ന ചരിത്രത്തെ കുറിച്ച് ബോധമില്ലാത്ത ഒരാൾ പക്ഷെ ഒരു കഥ എഴുതണമെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ മനുഷ്യന് വേണമല്ലോ ആ രീതിയിൽ പൂർവ്വകാലങ്ങളിൽ നടന്ന് ചില സംഭവങ്ങളെ കഥാരൂപത്തിലാക്കിയതാണ് എന്താ അത് പൂർണമായും വസ്തുനിഷ്ഠമല്ല ചരിത്രത്തിന്റെ ചില അംശങ്ങളാണ് സാമൂഹിക വ്യവസ്ഥ വരുന്നതും സംസ്കാരം വരുന്നു പല കാര്യങ്ങളും അതിനകത്ത് കടന്നു വരുന്നു അതൊക്കെ വാസ്തവമാണ് ഒരു കാലഘട്ടത്തില് മഹാഭാരതത്തിന്റെ ഏറ്റവും പ്രധാനമായ സന്ദേശം എന്ന് പറയുന്നത് ചാതുർ വർണ്ണിയമാണ് ആദ്യം മുതലവസാനം വരെ ചാതുർവർണ്ണയത്തെ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് അത് നിരന്തരവധി ആവർത്തിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ ശരിയാണ് അത് വാസ്തവാണ് ഇപ്പോൾ മഹാഭാരത്തിലാദ്യന്തം പറയുന്നത് ബ്രാഹ്മണജാതിയുടെ ശ്രേഷ്ഠതയാണ് അതിന് പ്രശംസിക്കാൻ വേണ്ടി എഴുതിയൊരു ഗ്രന്ഥമാണ് മഹാഭാരതം ഏത് സന്ദർഭത്തിലൊക്കെയാണ് അങ്ങനെ എല്ലാ സന്ദർഭം മഹാഭാരത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മഹാഭാരതത്തിലൂടെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയാണ് ആ സാമൂഹ്യ വ്യവസ്ഥയെന്ന് വെച്ചാൽ ഉച്ച നീചത്വങ്ങളിലുള്ള ചാതമുറിയാണ് അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയൊരു ഗ്രന്ഥമാണ് മഹാഭാരത് പിന്നെ അതിന് ഇന്നാൾക്കാർ ഒരുപാട് പ്രശംസിക്കുന്നത് അതിൽ പറയുന്ന സാമാന്യധർമ്മങ്ങളെ എടുത്തുകൊണ്ടാണ് സാമാന്യധർമ്മങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് മോഷ്ടിക്കരുത് വെള്ളം പറയരുത് എന്നൊക്കെ പറയുന്ന സാമാന്യധർമ്മ ഇത്തരം സാമാന്യധർമ്മങ്ങൾ ധാരാളം പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്ന ജാതിയുടെ വിഷയമാണ് അപ്പോ ആ ആ ഒരു കാലത്ത് അത് ബ്രാഹ്മണജാതിയാണ് സൂപ്പർ എന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയ ഒരു പ്രശ്നമാണ് അത് മഹാഭാരതം നേരിട്ട് വായിക്കുമ്പോഴേ അത് മനസ്സിലാവും അപ്പൊ ഇവിടെ പാണ്ഡവ ഭാരത മൂല രണ്ടുപേർക്കും മൂലമായിരിക്കുന്ന പലക്ഷിതെ കുരു എന്ന് പറയുന്ന നാമം അതിലൂടെ ബോധിപ്പിക്കുന്നതാണ് ആ സ്ഥലം കുരുക്ഷേത്രം അതുകൊണ്ട് രണ്ടുപേർ പ്രധാനപ്പെട്ടതാണ് പാടവർക്കും കാരണം അവരുടെ മംശമായ ഗുരു ആ ശബ്ദത്തിലൂടെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലം കുരുക്ഷേത്രം അത് ഗുരു എന്റെ സ്ഥലമാണെന്ന് മഹാഭാരതത്തിന് പറയുന്നു യുദ്ധത്തിനാൻ താല്പര്യമുള്ളവരായി വന്നു ചേരുന്നു വിരുദ്ധരണ്ട് സൈന്യങ്ങളുടെ രൂപത്തിൽ യൂടാഹ സജ്ജീകരിക്കപ്പെട്ടവരാണ് രണ്ട് സൈന്യങ്ങളും അമ്മ്യത്വയും അനതിരിതർ ീ രണ്ടും പ്രത്യേക അർത്ഥം ഒന്നും അനതിരിക്ത അർത്ഥം വന്നിട്ട് അതിരിക്ത അർത്ഥമില്ല വിശേഷിച്ചതിനർത്ഥം പറയേണ്ട കാര്യമില്ല ഇനി വേണം വസ്ത ഭൂമണ്ഡല വർദ്ധന രാജ്ഞാം തത്ര സമാഹാരൻ അഭി താതർ വർഗദ്വയമേവതി ദേവകാല അഭിപ്രായം അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം ഏവ എന്ന് പറഞ്ഞാൽ മാമക പാണ്ഡവ ഏവർ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ അവിടെ അതുപോലെ ഇന്ന് സമസ്ത ഭൂമണ്ഡലത്തില് രാജാക്കന്മാരും അവിടെ വന്നിരുന്നു എന്നാണ് സമസ്ത ഭൂമണ്ഡലം എന്ന് പറഞ്ഞു യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നു ില്ല അന്നറിയപ്പെടുന്ന ഭൂഭാഗത്തിൽ നിന്നുതന്നെ ആൾക്കാർ അത്രയുള്ളൂ ഭാരതത്തിന്റെ മൂന്ന് ഭാഗവും കടലായിരുന്നു ഈ കടലിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് വലിയ ബോധം ഉണ്ടായിരുന്നു പിന്നെ ഹിമാലയത്തിനപ്പുറം ഒരു ഭാഗം അതിനെക്കുറിച്ച് ഉള്ള അറിവ് കുറവായിരുന്നു പിന്നെ ഈ വശങ്ങളിലൂടെ സഞ്ചരിച്ച് പോയി ഉണ്ടായ അറിവ് ഇറാ ഇറാക്ക ആ ഭൂഭാഗങ്ങളെ കുറിച്ചുള്ളതൊക്കെ അറിവാണ് ഉണ്ടായിരുന്നത് മനുഷ്യർ കുറവായി അപ്പൊ സമസ്ത ഭൂമണ്ഡലത്തിലെ രാജാക്കന്മാരും വന്നു അതും വന്നിട്ടില്ല മഹാഭാരതം ഐ പറയുന്ന ഒരു എന്താണ് ഒരു സാങ്കേതികമായ പിഴവുണ്ട് എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് തയ്യാറായില്ല രു രു രുക്മിയെക്കുറിച്ച് പറയണം അതിന്റെ രുക്മിണിയുടെ സമൂഹം രുക്മിണി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ഭാര്യ അപ്പോൾ രുക്മി എന്ന് പറയുന്നയാൾക്ക് ഇഷ്ടം രുക്മിണിയെ ശിശുപാലിന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് പക്ഷെ രുക്മിണി നേരത്തെ തന്നെ കൃഷ്ണനെ ഇഷ്ടപ്പെട്ട് ഒരു ബ്രാഹ്മണനെ ദൂപത്തിന് പറഞ്ഞ കൃഷ്ണനോട് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ആ ശിശുപാലിനെ കൂട്ടണം കൃഷ്ണനും ബലഭദ്രനും കൂടെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും കൃഷ്ണൻ ചെന്ന് ത്രിപ്പുണിയെ പിടിച്ച് രഥത്തിൽ കേട്ടിക്കൊണ്ടു അപ്പൊ അന്നത്തെ കാലത്ത് നിയമങ്ങളാണ് ഓരോ രാജ്യത്തിന്റെ നടത്തുന്ന നിയമങ്ങളാണ് അന്നിങ്ങനെ സ്ത്രീകളെയൊക്കെ എന്താണ് ബലാത്കാരമായി പിടിച്ചോണ്ട് പോയി പോക്സോ കേസൊന്നും വരും അന്ന് വന്നില്ല അതിന്റെ ഭീഷ്മർ പിടിച്ചുകൊണ്ട് ഇന്നുള്ള ആൾക്കാർ പറയും ഭീഷ്മനെ പിടിച്ചോണ്ട് പോയത് ശരിയാണ് അങ്ങനെ ശരിയാവും അത് ഇന്നത്തെ നമ്മുടെ ജന്തിയും പറയുന്നതാണ് അന്നതൊക്കെ എന്താണ് ക്ഷത്രിയന്മാരുടെ അവകാശമാണ് ഈ ദുര്യോധനം പോയി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കർണന്റെ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവർക്ക് തോന്നിയാൽ മതി പിടിക്കണമെന്ന് ഓ ഇനി പിടിച്ചുകൊണ്ട് പിന്നെ ആരോടൊന്നും ചോദിക്കത്തില്ല പിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് രുക്മി രുക്മിണിയെല്ലാം കൃഷ്ണൻ കൊണ്ടുപോകുന്നു ബലരാമനുണ്ടായിരുന്നതുകൊണ്ട് എതിർത്തവരെയൊക്കെ അടിച്ചു നോക്കി രുക്മിണി വന്ന് കൃഷ്ണനുമായിട്ട് രുക്മി എന്ന് പറയുന്നു മഹാഭാരതത്തിൽ ഒരു ഗതികെട്ട കഥാപാത്രം കാരണം ഒരിടത്തും എത്തിയില്ലാതെ വളരെ വിചിത്രമായ കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിൽ കൃഷ്ണനോട് പോയി ഏറ്റുമുട്ടി പരാജയപ്പെട്ടെന്ന് മാത്രല്ല കൃഷ്ണൻ ഒരുപാട് പരിഹസിച്ചു കാരണം അത് പരിഹസിച്ചെങ്കിൽ എണീടെ ഇഷ്ടം കൃഷ്ണനായിരുന്നു അത് അനുസരിക്കാതെ ശിശുപാലിന് കൊടുത്താൽ പോയപ്പോൾ ശിശുപാലും കൃഷ്ണന്റെ ശത്രുവാണ് അതുകൊണ്ട് ഈ കുറെയൊക്കെ പരിഹസിച്ച് എനിക്ക് വളരെ സങ്കടം വന്ന് ഈ പോയി തപസ് ചെയ്തു ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പറഞ്ഞു ആഗ്രഹമൊക്കെ പറഞ്ഞു അപ്പോൾ ശിവനെന്ത് ചെയ്ത് ഒരു വില്ല കൊടുക്കും തുടങ്ങിയത് ഗാണ്ഡിയുമൊക്കെ കൃത്യമാണ് അർജുനന്റെ കയ്യിലിരിക്കുന്ന ഗാന്ഡിയും ഒക്കെ ഇത് കൃത്യമാണ് കൂടുത്ത് പക്ഷെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെങ്കിലും കൃഷ്ണന് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല പിന്നെ അതുകൊണ്ടെല്ലാം ഒരു അതുകൊണ്ട് പിന്നെന്താ ഒരു അവിടെ പരാജയപ്പെട്ടു അപ്പൊ ഈ അങ്ങനെ ഇറങ്ങിയണം കൃഷ്ണമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേക രാജ്യമൊക്കെ ഉണ്ടാക്കി മഹാഭാരത യുദ്ധം വന്നപ്പോഴത്തേക്ക് പാണ്ഡവന്മാരെല്ലാവർക്കും കത്തയക്കുന്നു ഞങ്ങളുടെ കൂടെ ചേരാൻ ആരൊക്കെ അങ്ങനെ ഒരു കത്തിരി ഒരു എന്ത് ചെയ്തു ഒരക്ഷപണി സൈന്യമായിട്ടാണ് കുറച്ച് ആൾക്കാരൊന്നും വരും ഒരക്ഷോണി സൈന്യമായിട്ടുള്ള ഗാന്ഡീമുണ്ടല്ലോ പക്ഷെ അവിടെ വരെ വർദ്ധന പറ്റി അർജുനനോട് പറഞ്ഞു അർജുന നീ പേടിക്കേണ്ടത് ഞാൻ എന്നോടൊപ്പം ഒരു അക്ഷപോണി സൈന്യവും എന്റെ കയ്യിലായി ബിന്ദ ഈ കൗരവമാനം മുഴുവൻ ഞാൻ കൊണ്ടുവരാം എന്നുള്ളത് ഇത് അർജുനന്റെ ഏകോയായി ഒന്ന് സ്പർശിച്ചു ഒരു വിഷയമായി എന്താണ് അർജുനാ നീ പേടിക്കേണ്ടാവുന്നത് അർജുനൻ പറഞ്ഞു ഞാൻ അർജുന പേടിക്കേണ്ട ആൾക്കാ പറയാൻ പേര് എനിക്ക് പേടിയുണ്ട് എന്നെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ ഞാൻ ശിവനോട് പശുപതിയോട് നേരിട്ട് യുദ്ധം ചെയ്ത ആളാണ് ഞാൻ ഗന്ധർവനോട് യുദ്ധം ചെയ്തതാണ് അതാണ് ഇതാണ് ഒക്കെ ഓണാണോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നിന്റെ സഹായം എനിക്ക് വേണ്ട നീ ചോദിച്ചല്ലേ നിനക്ക് പേടിയ നീ പേടിക്കണ്ട അങ്ങനെ പറയുന്നത് കൂട്ടത്തി ചേർത്തില്ല ഒരു അക്ഷകുണിയുടെ കൂടിയത് എട്ടക്ഷകുണിയായി പണ്ടോ പക്ഷെ അർജുന വേണ്ടെന്നു പറഞ്ഞു ഇയാളീ സൈന്യം കൊണ്ട് നേരെ പോയത് അവിടെ ദുര്യോധൻറെ ദുര്യോധന്റെ അടുത്ത് വന്നപ്പോൾ ദുര്യോധനം ചോദിച്ച അർജുനന്റെ അടുത്ത് അവിടെ നിന്ന് വരുന്നവരെ എനിക്ക് വേണ്ട അവിടെയും ചിന്തിച്ചില്ല പുള്ളി നിരാശനായി തിരിച്ചുപോയി ഉള്ളിക്കൊരു വിക്രമം കാണിക്കാൻ ഒരിടവും അവസരം കിട്ടത്തില്ല കൃഷ്ണനോട് ചിന്ത ഒക്കത്തില്ല അത് ശിവൻ തന്നെ പറഞ്ഞു വരും അപ്പൊ വിചാരിച്ചൊരു കാര്യം ചെയ്യാം ബലരാമനെ വിളിക്കാം അങ്ങനെ ബലരാമനെ വിളിച്ച് എന്തിനാണുള്ളൊരു ചൂതുകളി ബലരാമെന്തി ചൂതുകളി ഒരു വലിയ വശമില്ല ബലരാമൻ ഈ ആരോഗ്യത്തിന് ഹാനികരമായ സാധനം ഒരുപാട് കഴിക്കുന്ന ആളാണ് എന്താണോ അതെ അപ്പോ എന്തായാലും അവസാനം ബലരാമനെ സമ്മതിച്ചു ചൂതുകളും എങ്ങനെയോ ബലരാമൻ ജയിച്ചു അതെങ്ങനെയും ബലരാമൻ പറയുന്നത് അത് ഈ കടിയറിയിച്ചില്ല പക്ഷെ ഇയാൾ സമ്മതിക്കത്തില്ല ബലരാമൻ ഒരു ഒലക്കെടുത്ത് ഇയാളുടെ തലയിൽ ഒരു അടി കൊടുത്തു അപ്പൊ ഈ പൂച്ചയ്ക്ക് അടിച്ചു വരുന്ന ഓരോ ഒലക്കം കൊണ്ടു വളരെ ദയനീയമായ രീതിയിൽ ചത്തം കൂടി അങ്ങനെ രുക്മി അവസാനിച്ച ഒരാൾ ആ രുമി അവിടെ വന്നിരുന്നു അപ്പോൾ മുഴുവൻ രാജാക്കന്മാരും അവിടെ വന്നു എന്ന് പറയുന്നത് ശരിയല്ല രുഗ്മി തിരിച്ചുപോയാലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു അക്ഷമണി സൈനികമായിട്ട് അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് സമസ്ത ഭൂമണ്ഡല വർദ്ധനാണോ തത്ര സമാഹാരം എന്ന് പറയുന്നത് ശരി ഒരക്ഷമണിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആനയും ഇതേ എല്ലാം കൂടെ ഇപ്പം വർഗ്ഗത്വ രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നു എത്ര സൈന്യങ്ങളുണ്ടെങ്കിലും രണ്ട് ഗ്രൂപ്പ് അകുർവത ആത്മനൈപതേ പത്രഭിപ്രായ ക്രിയാപല വിഷയുടെ സ്വാർത്ഥം എല്ലാം ഇങ്ങനെ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് കണ്ടുപിടിക്കുകയാണ് വ്യാഖ്യാതക കുശലത അതാണ് അക്കുർവത എന്ന് പറഞ്ഞല്ലോ ഇത് ആത്മനൈപതമാണ് ആത്മനിരേദം ഉപയോഗിക്കുന്ന എന്താണ് നുറിഞ്ഞു തരണേതും നിത്താണ് കർത്ത അഭിപ്രായം ക്രിയാഫലി ക്രിയാഫലം ഭർത്താവിന് വരുമ്പോഴാണ് ആത്മനിരേദനം പ്രയോഗിക്കേണ്ടതെന്നാണ് പാണിനി പറയുന്നത് അപ്പം തനിക്ക് വരും തനിക്ക് വരണം അങ്ങനെ ഇച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലത്തെ താംക്ഷൊണ്ടാണ് എന്നാണ് അക്രൂപതാമെന്ന് പറയുന്ന എന്താണ് ഒരു ശബ്ദം ധ്രാഷം പ്രയോഗിച്ചപ്പോൾ എന്താണോ എന്തൊക്കെ വലുതായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ആള് മോശക്കാരനാണ് എന്നാ ശബ്ദത്തെയും മനസ്സിലാക്കാമെന്ന് ആണ് ഇന്ത്യ ആത്മനേപതയെന്ന് കർത്ത അഭിപ്രായ ക്രിയാപല വിഷയുടെ സ്വാർത്ഥ ഇയാളൊരു സ്വാർത്ഥനാണ് ദരിദ്രാഷ്ടെ പറഞ്ഞു പുള്ളി ചിന്തിച്ചോ പുള്ളി അങ്ങനെയാണോ പറഞ്ഞതൊന്നും അറിയത്തില്ല ശ്രദ്ധാമിലേക്കും വ്യാഖ്യാത്തം സുരോധനവീതൃ പ്രശ്നത്തിൽ സാക്ഷാത്തരം വക്ഷന് തഖിലും അവാതരമൃത്സയ വാഷ്വാ എന്താണ് ദുര്യോധന വിജയം അത് ജയിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യമെന്നാണ് രാമായരാജാന്റെ അഭിപ്രായം അവനെ ചോദിച്ചില്ലെങ്കിൽ അവന് ഉത്തരം പറഞ്ഞാണ് പതിനെട്ടാം അധ്യായത്തിന്റെ അവസാനം എത്ര യോഗേശ്വരൻ ദി സാക്ഷ നേരൊക്കെ ഉത്തരം പറഞ്ഞു എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു കല്പനയാണ് നേരത്തെ ഒരു ചോദ്യമൊന്നുമില്ല ദുര്യോധനം ജയിക്കുമോ അവനും ചോദ്യമില്ല ഉത്തരം ശരിയാണ് അതറിയുന്നതിന് വേണ്ടി എന്ത് ദുര്യോധനം തീര്യമോ ഇക്കാര്യം അറിയുന്നതിന് വേണ്ടി അഖില അവാന്തര വൃത്താന്തമി സഞ്ചരിക്കുന്നു അവാന്തര വൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നത് മോട്ടല് അങ്ങോട്ടുള്ള സർവകാര്യങ്ങൾ അതാണ് ആദ്യം ഈ രണ്ടു കൂട്ടരും സൈന്യത്തെ പൂറ്റി നേരെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ധർമ്മപുത്ര വിഷാദം വരുന്നു അർജുനന് പരിഹരിക്കുന്നത് അതുകഴിഞ്ഞ് പിന്നെ അർജുനന് വിഷാദം വരുന്നത് ശ്രീകൃഷ്ണൻ പരിഹരിക്കുന്നത് അത് കഴിഞ്ഞ് ധർമ്മപുത്ര പല സംഭവങ്ങളും പ്രധാന സംഭവം പറയാം ധർമ്മപുത്ര കൊടച്ചട്ട എല്ലാം അഴിച്ചിട്ട് പോയി ദ്രോണനോടും ഭീഷ്മരോടും കൃപരോടും അനുഗ്രഹം വാങ്ങുന്നത് അവരനുഗ്രഹിക്കുന്നത് തിരിച്ചു വരുന്നത് ഇതെല്ലാം കഴിയുമ്പോൾ നാൽപ്പത്തിനാല് വൃഗങ്ങൾ കഴിഞ്ഞു പിന്നെയാണ് ശരിക്കുള്ള അടി തുടങ്ങുന്നത് അപ്പം ഒരുപാട് സംഭവങ്ങൾ പറയുന്നു അതെല്ലാം പറഞ്ഞതിനു ശേഷം നിന്നെ ഭീഷ്മരുടെ ആയുധത്തെ കുറിച്ച് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പാണ്ഡവാനീകം യൂഢം ദൃഷ്ടിനെ സുയോധന ധൈര്യഭ്രംസ പാണ്ഡവാനീകം അടുത്തത് ദൃഷ്ട് പാണ്ഡവാനീകം സഞ്ജീവ് പാണ്ഡവാനീകം നിര്യോധനസ്ഥത ആചാര്യം രാജാവചന പാണ്ഡവാനീകം ദൃഷ്ടമാണ് പാണ്ഡവസൈന്യം സജ്ജമായത് കണ്ടിട്ട് എന്ന് പറയുന്നത് ആര് കണ്ടിട്ട് ദുര്യോദൻ എന്ന് പറയുന്നത് എന്താണ് സുയോധന ധൈര്യഭ്രംശേതം ദുര്യോധനം പേടിച്ചു പോയിരുന്നു അങ്ങനെ ദുര്യോധനം പേടിക്കുന്നായിട്ട് കൂടെയൊന്നും പറയുന്നില്ല ദുര്യോധനം ഭയങ്കര സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട് മഹാഭാരതം ദുര്യോധനം കരയുന്ന സന്ദർഭങ്ങൾ പറയുന്നുണ്ട് ഈ യുദ്ധത്തിൽ ഇങ്ങനെ തന്റെ സഹോദരന്മാരെല്ലാം മരിക്കുമ്പോ ഭീഷ്ണുവിന് മരിക്കുമ്പോ ദ്രോണന് മരിക്കുമ്പോൾ കൃപര് മരിക്കുമ്പോ എല്ലാം ദുര്യോധനം കരയുന്നുണ്ട് അതൊക്കെയുണ്ട് പിന്നെ ആദ്യ ഭാഗത്ത് തുടക്കം ദുര്യോധന പറയുന്നുണ്ട് എനിക്ക് അർജുന ഒക്കെ ഭയമാണെന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങളുണ്ട് പക്ഷെ തന്റെ കൂടെ പനം നക്ഷോഹിണിയും ഭീഷ്മരും ദ്രോണനും ഇത്തരത്തിൽ തയ്യാറായി കഴിഞ്ഞപ്പോൾ പിന്നെ ദുര്യോധനം ഭയക്കുന്നുണ്ട് ഇവിടെ ഒട്ടും ഭയന്നിട്ടില്ല അപ്പോ എന്താണ് ഈ ദുരിതനൊരു പേടി തൊണ്ടിലാണെന്നും എഴുതാൻ കിട്ടിയാണെന്ന് തെളിയിപ്പാറ് ശരിക്കും അങ്ങനെയൊന്നും കൂടെ സംഭവിക്കുന്നു ദുര്യോധനം വളരെ ധൈര്യമായിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം യുദ്ധം തുടങ്ങുമ്പോഴും ദുര്യോധനം പറയും ഈ ആകൊന്നും കഴിക്കില്ല എന്നിവരെല്ലാം ശരിയാക്കാം അപ്പൊ ദുര്യോധനം നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവസാനം വരെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ സങ്കടം വരും അവരൊക്കെ മരിക്കുമ്പോൾ തറിയും അത് അങ്ങനെ ധൈര്യഭ്രംശമൊന്നും വന്നിട്ടില്ല ഇവിടെ വന്നിന്ന് കൂട്ടിച്ചേരി തത് അധീനം ധൈര്യ ഭ്രംശരൂപോ അവസ്ഥ ധൈര്യഭ്രംശത്തിന്റെ ഹേതു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വന്ന് ധൈര്യഭ്രംശം ആ ധൈര്യഭ്രംശത്തിന് ഹേതു എന്താണ് പാണ്ഡവന്മാരുടെ സൈന്യം ഉണ്ട് അങ്ങനെ പേടിക്കുന്നത് പാണ്ഡവന്മാർയത്തിന് വളരെ കുറച്ചറിഞ്ഞു ഇവരെ അപേക്ഷിച്ചു ധൈര്യം അത് തൂന് അങ്ങനെ ഒരു അർത്ഥം കൊണ്ടൊക്കെയാണ് ചായ്ക്കും തൂവിനും ഒക്കെ എന്തര്ത്ഥം വേണോ സംസ്കൃതത്തിന്റെ ഒരു ഗുണമില്ലാ ഹൂ ഹറഞ്ഞ വലിയ അർത്ഥങ്ങളാണ് ഇതോടെ വ്യാഖ്യാനം ഒന്നൂടെ അത് എങ്ങനെ അർത്ഥമുണ്ട് അർത്ഥമുണ്ട് എന്നൊരാള് പറഞ്ഞാ പറഞ്ഞാ ഒരാൾ പറയുന്നു ചായയുടെ അടത്ത ഇതാണ് ഒരാൾ കൂടെ കാരണം മറ്റേതാണ് ആർക്കും പറയുന്നു എന്തുകൊണ്ട് അർത്ഥം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ത് വീണും പാണ്ഡവീകാര്യ രാജാവം പാണ്ഡു ചോദിഷ അത്ര ചന്ദ്ര മഹേഷ് ഭീമാർജുനസമാന്യൂഢ വിരാട തിരുവതച്ചുസ്ഥേതാണ് കാശീരാജസ് പന്ത്ബോലിശ്ശ നിരബുദ്ധവീതാവശ്ശ വിഷ്ടൌജവാൻ സൗഭ്രോ ദ്രൗപദേയശ്ചയ മഹാനഭ അത് വിശിഷ്ടേ താൻ നിബോധ വിജോത്ത മമ സൈന്യസപ്നാ ദ്രവീൻ തേശ് കണ്ണശ് ദുഃഖിച്ച സമരുഞ്ജയ അശുദ്ധമാ ഇത്രയും ഭാഗത്ത് ബ്രാഹ്മാനുജാതികൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ ഉള്ള കുറെ പേരുകൾ പറഞ്ഞു മാത്രമേ ഉള്ളൂതായ വ്യാഖ്യാനികനൊന്നും കൂടെയില്ല ദൃഷ്ടു ഇത്യാദികൾ അഭ്യക്തം ഇവിടെ ഇതൊക്കെ അല്ലാത്ത ഭാഗം ആണ് രാമായ അത് ദുര്യോധനം സ്വയലീഗം ഭീമാതിരക്ഷിതം പാണ്ഡവാനമ്പലം ോകം വനം ഭീമ അംഗീരക്ഷിക്കുന്നു ഇവിടെ ഇദ്ദേഹം വേദാന്ത തന്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിച്ചു എന്ന് വെച്ചാൽ തന്റെ വ്യാകരണ പാണ്ഡിത്യവും സാഹിത്യ മർമ്മജ്ഞതയും വാക്ചാതുരിയും എന്നുവേണ്ട തന്റെ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്തുവിട്ടു എന്തിനാണ് ഈ പറഞ്ഞത്തെ സമർത്ഥിക്കുന്നതിന് അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് പാണ്ഡവന്മാരുകൾ ആശ്രയിക്കണ്ടിട്ട് രാമാനുജന പറയുകയാണ് അവരുടെ വിജയത്തിൽ അത് പര്യാപ്തമാണോ എന്നാണ് എനിക്ക് ആഗ്രഹം ആ സേ ദുര്യോധ തന്റെ വിജയത്തിന് തന്റെ സ്ത്രീ പര്യാപ്തമുണ്ട് അപര്യാപ്തമാണ് എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥമുള്ളത് അപ്പോ ഇവിടെ പര്യാപ്ത ഈ അപര്യാപ്ത ശസ്തം കൂടാർത്ഥം ഇതിന്റെ അന്യം ഇങ്ങനെയൊക്കെ വരാം മഹാഭാരതയുടെ കഥാസന്ദർഭങ്ങൾ എങ്ങനെയാണ് മുമ്പ് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് പറയാമോ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ അനുസരിച്ച് പറയാമോ തർക്കവിതർക്കമാണ് ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മുഴുവനോട് പ്രയോഗിച്ചിട്ടുണ്ട് ചുരുക്കം ഇതാണ് ഇവിടെ അപര്യാപ്തം എന്ന് പറഞ്ഞാണ്ടാവും രാമാചാര്യെന്ന് പറഞ്ഞ് പോരാ എന്നാണ് അല്ല നമ്മുടെ സൈന്യം പോരാ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ഉണ്ടാവണം പാണ്ഡവന്മാരുടെ സൈന്യം മതിയായതാണ് നമ്മുടെ സൈന്യം പോരാട്ടതാണ് അർത്ഥം പക്ഷേ ഇതിന് നിരവധി പൂർവക്ഷങ്ങൾ കിട്ടിയവില്ല ഇതിങ്ങനെ പറയാൻ പറ്റില്ല എന്തൊക്കെയാവശ്യം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നു കാരണം ഈ ഒരു പദ്യത്തിന്റെ അർത്ഥത്തിൽ പണ്ഡിതന്മാർക്കെന്ന പല അധികാരങ്ങളും എന്തുകൊണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ രണ്ട് ശബ്ദങ്ങളും ഈ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാവുന്നവർക്കറിയാം ഉപരിചാസ്തമാണ് മസൂരസിതി വ്യാഖ്യാനിച്ചത് അനന്തം എന്താണ് അല്ലെങ്കിൽ എന്താണ് ദുര്യോധനൻ സ്വയം പറയുന്നത് നമ്മുടെ സ്വയം അനന്തമാണെന്നോണിയും പിന്നെ ഭീമന്റെ സംഖ്യുള്ളത് പരിമിതമാണ് കുറച്ചു എന്നാണ് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട് എന്ന നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഇതേ മദ്യം തന്നെ വീണ്ടും രണ്ടാം നൽകുന്നെങ്കിലും പത്ത് നാൽപ്പത് അർത്ഥം കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും അവിടത്തെ അർത്ഥം നോക്കുമ്പോഴും ഈ അർത്ഥമാണ് യോജിക്കുന്നത് യാഥർത്ഥം യോജിക്കുന്ന അർത്ഥം പോലെ അപരിമിതം അനന്ത അർത്ഥം നമ്മുടെ സൈന്യം അനന്തമാണ് കൂടുതലാണ് മറ്റൊരു സൈന്യം കുറവാണ് ആ അർത്ഥമാണ് നമ്മുടെ യോജിക്കുന്നത് പിന്നെ മൊത്തം കഥാസന്ദർഭങ്ങൾ നോക്കുമ്പോഴും ഇവിടെ നേരത്തെ തന്നെ എന്തുകൊണ്ട് പറഞ്ഞു ദുര്യോധനം പേടിക്കുന്നുവെന്ന് ഇങ്ങനെ ഒരർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനാകെ പേടിച്ചുപോയി പേടിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്ന് ഇവിടെ പറയുകയാണ് നമ്മുടെ സൈന്യം പോര എന്ന് പറയുന്നത് അപ്പോ ശബ്ദത്തിന്റെ അർത്ഥം രണ്ടുതരത്തിലും കൊടുക്കാം അപ്പം അലം പോരാത്തതാണ് അപര്യാപ്ത അലം അങ്ങനെയാണ് നമ്മുടെ ശരീരം പോരാത്തതാണ് പക്ഷേ അപര്യാപ്ത ശബ്ദത്തിന് അനന്തം എന്നുള്ള അർത്ഥമുണ്ടാതെ ഇവരുടെ സമ്പ്രദായത്തെ തന്നെ ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ വ്യാഖ്യാനത്തിൽ പറയും അപര്യാപ്ത ശബ്ദം മഹാഭാരത് പേര സന്ദർഭത്തിലും അപര്യാപ്തം പിന്നെ അനന്തം അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ പറയുകയുണ്ട് ഭീഷ്മിരക്ഷിതം ബലം അപര്യാപ്തം അസ്മാകം അങ്ങനെയടയ്ക്കാണ് ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ബലം സൈന്യം അസ്മാകം ഇവിടെ തദ്ബലം ഭീഷ്മരാൽ ഭീഷ്മരൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ബലം തത് അസ്മാകര്യാപ്തം ഞങ്ങൾക്കത് പോരാത്തതാണോ അങ്ങനർത്ഥം പറയാം ഭീഷ്മരക്ഷിക്കപ്പെട്ടിരിക്കും പിന്നെ അവിടെ തത് ശബ്ദം തത്ത് എന്ന് വളരെ വിശാലമായി കിടക്കുന്നുകൊണ്ടാണ് ദൂരമുള്ളതിനാണ് തസ്സർ എന്നും പ്രയോഗിക്കുക നോക്കതപര്യാപ്തമാണെന്ന് അപരിമിതമാണ് അപര്യാപ്തത്തിന് അപരിമിതം നടക്കും എന്നുവെച്ചാൽ അത് വലുതാണ് എങ്ങനെയർത്ഥം പറയാം ഇനി രണ്ടർത്ഥവും പറയാവുന്നതിരികെ രാമായുചാര്യ പറഞ്ഞ അർത്ഥത്തെ ശരിയാണെന്ന് സമർത്ഥിക്കുക മറ്റേ കണ്ണിക്കുകയാണ് ഇദ്ദേഹത്തിന് മ്മിലേക്ക് വർഷത്തെ വ്യത്യാസം ഇതിന്റെ ഒമ്പത് വർഷം കഴിഞ്ഞാണ് മനുസേന സരസ്വതി രംഗത്ത് വരുന്നത് അപ്പൊ ഈ വ്യാഖ്യാനത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്ന് വിചാരിച്ച തണ്ണനമൊന്നുമില്ല അവിടെ തന്റെ അഭിപ്രായം എന്താണ് അപരിയർ ഈ അർത്ഥം എന്ന് പറയുന്നത് അതായത് രാമാനുരാജെന്ന് പറയുന്നത് ദുര്യോധനം പറയുന്നു നമ്മുടെ സൈന്യം പോരാത്തതാണ് മസോനുസരിച്ചത് ദുര്യോധനം പറയുന്നു നമ്മുടെ സൈന്യം ശക്തമാണോ പരിമിതമാണ് ഇതാണ് രണ്ടുകളും പറയുന്നതിൽ ഈ രണ്ടർത്തും കൂടെ പറയാം എന്നെ നമ്മൾ മനസ്സിലാവും പിന്നെ ഇതൊരു നാലഞ്ച് പേര് ഈ തർക്കം തന്നെയാണ് അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്താ പറയുക അർത്ഥം മനസ്സിലാക്കിയാ പോരെ അതാണ് വെള്ളത്തെ വിഷയം ഇപ്പൊ ഭീമന്റെ സൈന്യം പര്യാപ്തമാണ് എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ ഏറ്റുമുട്ടാ യോഗ്യരാണ് എന്നാണ് ദുര്യോധനം പറയുന്നത് അങ്ങനെയല്ല ഭീഷ്മന്റെ സൈന്യം വളരെ പരിമിതമാണ് ക്ഷോണിയുണ്ട് ണോ ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിലും ആകെ കേഴിച്ച് വേറെ വ്യത്യാസം അതൊരു ഭയങ്കരമായ കല്പനികൾക്കു അവസരം അറിയിക്കുന്നുള്ളോ ഇത് വായിക്കാൻ മനസ്സിലാകുമെന്നുള്ളതൊക്കെ വായിക്കുന്ന ഒരാളാണ് ഓരോ വേഖാനും വായിക്കുമ്പോഴേ നമുക്ക് അതാണ് യോജിച്ചതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേക അവസരാനുസൃതി വായിക്കുമ്പോൾ എനിക്ക് ഒന്ന് അതാണിച്ചിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒന്ന് ഇതാണിച്ചിട്ടു അന്ന് രണ്ടുപേരും അവരവരുടെ പക്ഷത്തെ ശരിക്കും സമർത്ഥിച്ചിരിക്കുകയാണ് അപ്പോ അവസാനം നോക്കുമ്പോൾ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം ഇഷ്ടമാണ് പക്ഷേ അതവിടെ ഇരിക്കട്ടേ ഇനിയിപ്പോ വളരെ സങ്കടകരമായ കാര്യമുണ്ട് ഞാൻ പലരും എഴുതിയിട്ടുള്ള വായിച്ചിട്ടുള്ളു ഈ രണ്ടു വ്യാഖ്യാനങ്ങളും വായിച്ചിട്ടില്ലാത്തവര് ഇതിനെക്കുറിച്ച് അറിയാത്തവര് ഇതിന്റെ എന്താണ് മഹാഭാരതത്തിന്റെ പശ്ചാത്തലവും ഈ ഭാഷയുടെ വാക്കിന്റെ അന്വയത്തിന്റെ ബാക്കിയതിരെ യാതൊരു ധാരണയില്ലാത്ത മലയാളം മണ്ഡിതന്മാര് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പക്ഷത്തെ സമർത്ഥിക്കുന്നു ഇതൊന്നും അറിയാതെ അത് മഹാകാഷ്ടമാണ് പക്ഷത്തെ സമർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ വായിച്ചില്ല അതില്ലാതെ സമർത്ഥിക്കുന്ന ആൾക്കാർ ഞാൻ വായിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ശരി അവർ പറയുന്നതാണ് ഈ ശരിയെന്ന് അതാണ് പറയുന്നതിനുള്ള ആധികാരികം ഇത അവര് സംസ്കൃത ഗ്രന്ഥത്തിന്റെ അർത്ഥം പറയുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്കൃതം അറിയാത്തവരാണ് അതിന്റെ ആധികാരികമായ അർത്ഥം പറയാൻ പറ്റുന്നത് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ഇന്നതാണെന്നേ പറയാൻ പറ്റില്ല ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ അതിനോട് യോജിക്കുന്നു അല്ലെങ്കിൽ വിനിയോഗിക്കുന്നു ഇത്രയോ പറയാൻ പറ്റും അല്ലെങ്കിൽ ഇതാണ് എന്റെ അർത്ഥമൊന്നൊരാൾക്ക് പറയാൻ പറ്റില്ല പറയുന്നവരിയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നത് അറിഞ്ഞിട്ട് അതിനൊരു പക്ഷത്തെ കൂടുതൽ സമർത്ഥിക്കും അതുകൊണ്ട് അഭിനവഗുപ്തന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൽ രണ്ടിനും കൂടെ സമന്വയിപ്പിച്ച ഒരു വ്യാഖ്യാനം രണ്ടിനോട് യോജിപ്പിക്കും അപര്യാപ്തം പര്യാപ്തം എന്റെ ശരിയും പോരാ എന്നത് മതിയായതാണെന്നോ അർത്ഥം പറയത്ത കയ്യിൽ പക്ഷെ അത് പറയുന്ന ഗീതയുടെ ആശയമായിട്ട് അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാലും അർജുനനെ സംബന്ധിച്ചൊരു പ്രാധാന്യമുണ്ട് അർജുനൻ എന്ന കഥാപാത്രത്തെ ധീരനായിട്ടാണെങ്കിൽ ഇതിനൊക്കെ ഭീരുവായിട്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം പൊതുവെ എല്ലാവരും അർജുനന് ഒരു ഭീരുവായിട്ടാണ് പറയുന്നത് പക്ഷെ ഈ സന്ദർഭത്തിൽ അർജുനന് ഒരു ഭീരുവാണെന്നുള്ളതിന് സ്വാധീനം ഒരു ബീ ആണെന്നുള്ള നിങ്ങൾ കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ ഞാൻ പറയുന്നത് അതെ അങ്ങനെയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ വരികയും അങ്ങനെ കണ്ടിക്കുകയും മണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ ഞാൻ പറയുന്നു അത് 4 മനസ്സിലാവണെങ്കിൽ നാലഞ്ചു പേരുള്ള പേരുള്ള വ്യാഖ്യാനം മുഴുവൻ എന്താണ് വായിച്ചോട് വിശദീകരിക്കും അതൊരു വലിയ പണിയാണ് അങ്ങോട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത്രയും മനസ്സിലാക്കാമോ എന്താണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ചെറിയ തർക്കങ്ങളിലോ യുക്തിയിലോ ഒക്കെ നിൽക്കുന്ന കാര്യമല്ല ഇദ്ദേഹം പറഞ്ഞത് അത് വേദാന്ത ദേശീയം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മുഴുവൻ അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും കാര്യം മനസ്സിലാക്കിയ പോലെ അല്ല നമ്മൾ യാത്ര നിങ്ങൾ പെട്ടെന്ന് ഏകദേശം ഒരു പക്ഷത്തെ പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റത്തില്ല അത് സാധിക്കില്ല അവസാനം നമുക്ക് യോജിച്ച ഒരു വഴിയൊന്നുവെച്ചാൽ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ട് വേദാന്ത മോശപ്പെട്ട ആളല്ല മോസോരസരസ്വതിയോ ഒട്ടും മോശ കാരണമല്ല ഭാഷയുടെ കാര്യത്തിലും വ്യാഖ്യാനത്തിന്റെ കാര്യത്തിലും തർക്കത്തിന്റെ കാര്യത്തിൽ രണ്ടിനും തർക്കത്തെയാണ് അപ്പൊ പിന്നെ നമുക്ക് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ തടയ്യ വർഷത്തിൽ നിന്നുകൊണ്ട് എന്താണ് യുക്തികൾ കൊണ്ടുവരുന്നതിലോ പറ്റാത്ത ഇവരുടെ അത്രയും ആഴത്തിലുള്ള ഭാഷാപാണ്ഡിത്യമോ താർക്കിക യുക്തികളോ ഒന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് വേദാന്ത ദേശീയതനോട് പിടിക്കാനുള്ള ശേഷിയുള്ള ആരും ഇല്ല എന്നാലും ജീവിച്ചിരിക്കില്ല പിന്നെ ഇതാണ് ജീവിതം മറ്റാള് ജീവിക്കുന്ന പറയാൻ പറ്റുള്ളൂ മഹോസനുസരോട് കുത്തി പിടിക്കാനോ അർത്ഥം പറ്റത്തില്ല അപ്പൊ രണ്ടു തരത്തിൽ മേഖാനികന്ന് പറയുന്നതാണ് മര്യാദ ഇതൊന്നും അറിയാതെ ഏതെങ്കിലും മലയാളം പണ്ഡിതന്മാർ ഇതാണ് എന്റെ അർത്ഥം എന്ന് വെച്ചാൽ പറയുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമൊക്കെ ഇടന്ന് നമ്മൾ ക്ഷണിക്കുക അത്രയുള്ളൂ അത് അറിവില്ലാവിന്റെ അടയാളമാണെന്ന് മാത്രം മനസ്സിലായി പറഞ്ഞു വ്യാഖ്യാതാക്കളൊക്കെ അങ്ങനെ പലതും അതിന് ഒഴിഞ്ഞു പോയി കണ്ടുപഠിക്കും വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം കൂടുതൽ നമ്മളതിനെ കൂടെ ചിന്തിച്ചിട്ട് അതിൽ നിന്നും ചില ഭാഗങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ് മനസ്സിലാകാത്ത ഭാഗങ്ങളാണ് അങ്ങനെ ചില ഭാഗങ്ങളുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഇതൊക്കെ സിമ്പിളാണ് അക്രൂപതാന്ന് പറയുന്ന ആത്മനെയൊന്നും ഏ ആ അങ്ങനെ ചോദിക്കുമ്പോൾ തന്റെ സോർസ് അതായത് ഉണ്ടെന്നാണ് ആ പർപ്പസായി ഉപയോഗിച്ചു തന്റെ ഒരു സ്വാർത്ഥതയുള്ളൊണ്ട് ആത്മനയമതം ഉപയോഗിച്ചു എന്നാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഒന്നാണ് ഈ ഗുരന്തം എഴുതിയ ആള് ദൃതരാഷ്ട്ര സ്വാർത്ഥനാണെന്ന് കാണിക്കാൻ വേണ്ടി ധൃതരാഷ്ട്രവാക്യത്തിൽ ആത്മനയമുപയോഗിച്ചു ഇതാണ് ഗ്രന്ഥകർത്താവിന്റെ താല്പര്യം അല്ല ദൃതരാഷ്ട്ര ആത്മനിപഥവുംതോ ഒന്നും ഉണ്ടാകില്ല ഗ്രന്ഥകർത്താവിന്റെ താല്പര്യമാണ് ഗ്രന്ഥത്തിലൂടെ പുറത്തു വരുന്നത് കഥാപാത്രത്തിന്റെ അല്ല അതിലൂടെ നമ്മൾ ആ കഥാപാത്രത്തെ മനസ്സിലാക്കുന്നത് അപ്പൊ എഴുതിയാളാളുപയോഗിച്ചത് ഇയാൾ സുഹൃത്തനാണെന്ന് പറയുന്നത് അപ്പോൾ കഥാപാത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ കഥാപാത്രത്തിലൂടെ ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായം മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഇത് വായിക്കുമ്പോൾ ഒരു കഥാപാത്രങ്ങളുടെ ലോകത്ത് പോകും ഇത് കഥാപാത്രങ്ങളുടെ ലോകത്തിലല്ല ഇത് മുഴുവൻ വരുന്ന എവിടെ നിന്നാണ് ഈ കൊസ്തു എഴുതിയാളിന്റെ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ദുരിതരാഷ്ട്രം പറഞ്ഞു അർജുനൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ഇവരാരും അല്ല പറയുന്നത് പറയുന്നത് ഈ പൊസ്തവ എഴുതിയാളാണ് പറയുന്നത് അയാളുടെ ആശയം ഈ പൊസ്തവഴി ആൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മഹാഭാരതം ശരിക്കും മനസ്സിലെത്തി വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കണം ഈ ചാതർ പറഞ്ഞി സ്ഥാപിക്കുക അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നത് അവസരം അതെ ഇതിന് ശരിക്കും മനസ്സിലാക്കാൻ തരത്തിലുണ്ട് ഞാൻ അപ്പം പറഞ്ഞു